ദൃശ്യ അത്യന്തോധ വിന തന്നൂയലേ പദി സ്വബോധോ അന്വേഷിക്കാം അത സ്വബോധോ അന്വേഷിക്കാം സ്വബോധത്തെ ആത്മബോധത്തെ അന്വേഷിച്ച് അന്വേഷിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനാർജിക്കേണ്ടതാണ് ആത്മബോധം പക്ഷെ അതിനെന്താണ് തടസ്സം ദൃശ്യമാണ് ദൃശ്യ ഭാവബോധം വിന ദൃശ്യത്തിൻ്റെ അത്യന്ത ഭാവബോധം ദൃശ്യം പൂർണമായും അനുഭവപ്പെടാതിരിക്കുന്നു ദൃശ്യ അത്യന്താ ഭാവം എന്ന് വെച്ചാൽ നമ്മുടെ പുസ്തകത്തിന്റെ അത്യന്താഭാവം എന്ന് വെച്ചാൽ പുസ്തക അനുഭവം ദൃശ്യത്തിന്റെ അത്യന്താഭാവം എന്ന് വെച്ചാൽ ദൃശ്യത്തിന്റെ അനുഭവം ഉണ്ടാകാതെ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാതെ തന്നാനുഭൂയതെ ആത്മാവിന്റെ അനുഭവം ഉണ്ടാകത്തില്ല ദൃശ്യാനുഭവവും ആത്മാനുഭവവും ഒന്നിച്ചിരിക്കില്ല എന്നാണ് ഇവിടെ പറയും കാരണം ഇവിടെ പറയുന്നത് സമാധിയെ സംബന്ധിച്ചാണ് ഇനി ദൃശ്യത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാനുഭവം അത് പറയും ഇവിടെ പറയുന്ന കാരണം രാമൻ ദൃശ്യത്തെ കണ്ടുകൊണ്ടിരുന്നപ്പോ തന്നെ ആത്മാനുഭവത്തിരുന്ന ആളെന്നാ പറയു ജീവൻ മുക്തൻ ദൃശ്യാനുഭവം ഇല്ലായെന്ന് പോരാൻ പക്ഷികളെ മുമ്പ് പറയും ജീവൻ മുക്ത മഹാത്മാനഹ യഥാപ്രാപ്താനം ദത്തം ഗൃഹീതം ഉഷിതം സ്മൃതം യുവാസങ്ക നമുക്ക് പറഞ്ഞു യുവന്മുക്തന്മാരായ മക്കൾ യഥാപ്രാപ്താനുവർത്തനതാണ് എന്തൊക്കെയാണോ വന്നുചേരുന്നത് അതനുസരിച്ച് ജീവിക്കുന്നത് യഥാപ്രാപ്താനുവർത്തി അപ്പോ യഥാപ്രാപ്താനുവർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം വിജയി ജീവിക്കുന്നുണ്ട് യഥെരെങ്ങനെയാണ് അഭു യാഗങ്ങളൊക്കെ അങ്ങനെ വെച്ച് ദത്തം ദാനം എങ്ങനെയാണ് കാരണം യാഗവുമായി ബന്ധപ്പെട്ട യാഗം ചെയ്യുക ദാനം ചെയ്യും എന്ന് വെച്ചാൽ കർമ്മകണ്ഡം അവരെങ്ങനെ അനുഷ്ഠിച്ചു രാമൻ എങ്ങനെയാണല്ലോ രാജ്യം ഭരിച്ചല്ലോ ജീവൻ മുക്തനായിരുന്നു അപ്പൊ അവിടെ പ്രപഞ്ചബോധമില്ലാതെ ഗൃഹീതം സ്വീകരിച്ചു സാധാരണ ഗൃഹിതവും രംഗത്തിൽ ദാനത്തെ സ്വീകരിക്കാവുന്നതാണ് ഇവിടെ അങ്ങനെയല്ല പ്രാപഞ്ചികമായും പല സ്വീകരിക്കേണ്ടി വരും തിരിക്കേണ്ടി വരും വ്യവഹാരത്തിൽ പ്രത്യേകിച്ചും രാജാവായി തൊട്ടിരിക്കുമ്പോൾ അത് ഉഷിതം അവരങ്ങനെ കഴിയും മൊത്തം അല്ലെങ്കിൽ ജീവിതത്തിൽ സ്മൃതം അപ്പോ അവരുടെ ചിന്ത അവരുടെ പ്രപഞ്ചത്തെക്കുറിച്ച് ആത്മാവിനെ കുറിച്ച് ഒക്കെയുള്ള ഒരു ധാരണ തഥാ ചെയ്തു വർത്ത സേ മുക്ത പുത്ര ദേവാസ സങ്കടം അപ്പൊ അവരെപ്പോലെ നീ കഴിഞ്ഞാൽ നീ സങ്കടത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടും എന്നാണ് യഥാപൃം വധാ നീ പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം എന്തു പറഞ്ഞു വാർത്തയോ പറയുന്ന രാമന്റെ ജീവിതം പോലെ ജീവിക്കുക ഇതാണ് ജീവൻ മുക്തി എന്നുള്ള ജീവഭോഗങ്ങളെല്ലാം അനുഭവിച്ചു ഇത് ഒരു ജീവൻ മുക്തിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് അവിടെ ഒന്നിനെയും ധരിക്കുന്നുമില്ല ഒന്നും സ്വീകരിക്കുന്നുണ്ട് അതാണ് ഈ പറയുന്നതിനു ചുരുക്കം യഥാപ്രാപ്ത അനുകൊണ്ടായിരിക്കുന്നു ജീവിതത്തിൽ എന്താ പദ്ധതിയുള്ളൂ അതെന്നെ അതുപോലെ തന്നെയാണ് ജീവൻമുക്തൻ ഇങ്ങനെയാകാം ഇതാണ് പഞ്ചദസീലും മറ്റുള്ളത് വിദ്യാലയസ്വാമികൾക്ക് ഇത് തന്നെ ആവശ്യം ഇതാണ് ജീവൻ മുക്തി ജനഗതിയും മറ്റുദാഹരണങ്ങൾ അപരുഷ ഇതൊന്നും ഭാഷകാരൻ പൂർണ്ണ മനസ്സാരെ സമ്മതിപ്പിക്കുക ഇതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ ഒരു ജീവൻ മുക്തി എന്താണ് ഹുതം ദത്തം ഗ്രഹീതം യാഗം ചെയ്യുക ദാനം ചെയ്യുക ഇതൊക്കെ ചെയ്ത് ഒരു ഇതൊക്കെ ആരുടെ ധർമ്മമാണ് ഗൃഹസ്ഥ ധർമ്മമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവൻ മുക്തനായിരിക്കുന്നത് ഭാഷകാരൻ പിടിക്കത്തില്ല അത് സാധിക്കുന്നതായിരിക്കും ഭാഷ്യകാരൻ സ്വീകരിച്ചത് ബുദ്ധന്റെ വഴിയാണ് ത്യാഗത്തിൻ്റെ വഴി സന്യാസത്തിൻ്റെ വഴി ഈ വിഷയത്തിൽ കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ ഭാഷ്യകാരുടെയാണ് ബുദ്ധൻ്റെ രണ്ടുപേരും അവിടെ ഇനി അത് മുമ്പോട്ട് വരുമ്പോൾ അത് എന്നാൽ ഇനി മറ്റൊന്നൊന്നെന്താണോ ബ്രഹ്മവിത്ത് എന്ന് പറയുന്ന സ്ഥാനം കഴിഞ്ഞ് എന്ന് പറയുന്ന ആ ഭാഗത്തു വരുന്ന എന്താണ് വിസ്മരണം വരണം ആ പുനഃസ്മരണം വിസ്മരണം ഒരിക്കലും സ്മരിക്കാത്ത രീതിയിൽ വിസ്മരിക്ക വിസ്മരിച്ച വീട് വിസ്മരിക്കും ഇത് ഈ പറയുന്നത് എന്ന പോലെ എന്ന് പറഞ്ഞാൽ സ്വപ്നം പറയും സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നു സ്വപ്നത്തിന്റെ കാഴ്ചകളെല്ലാം കാണുന്നു പിന്നെ എന്ത് ചെയ്യുന്നു ജാഗ്രത്തിലേക്ക് വരുമ്പോൾ നമ്മളതിനെ വിസ്മരിക്കും അല്പ സ്വല്പർ ബാക്കിയൊക്കെ വിസ്മരിക്കും പക്ഷെ അതെന്താണ് അപുനസ്മരണം വിസ്മരണം പക്ഷെ അത് വിസ്മരണമാണ് അപ്പോ ആ സ്വപ്നത്തെ വിസ്മരിക്കുന്നതിനോപ്പുറമായുള്ള വിസ്മരണം വൃത്തിശൂന്യോയം ബ്രഹ്മ കേവലം എന്ന് പറയും വൃത്തിശൂന്യനായിട്ട് വൃത്തിയാണ് ഞാൻ അന്തക്കാരണം വൃത്തി അതായത് ഞാൻ ഇപ്പൊ വൃത്തിയശീന്യനായി നമ്മൾ സ്വപ്നം നടക്കുമ്പോൾ സ്വപ്നം അസത്യമാണെന്നൊക്കെ മനസ്സിലായി ജീവൻ മുക്ത ബ്രഹ്മ ജഗത്ത് വ്യക്തിയാണെന്നൊക്കെ മനസ്സിലായി സത്യമാണോ ബ്രഹ്മോ അത് മനസ്സിലായി പക്ഷെ എങ്ങനെയാണോ സ്വപ്നത്തെ അസസ്മാണെന്ന് അറിഞ്ഞിട്ടും സ്വപ്നത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തനായിട്ടും സ്വപ്നത്തെ സ്മരിക്കുന്നത് അതുപോലെ ജഗത്തിന്റെ അനുഭവമാണ് അതൊരു സ്മരണ തുല്യമായ അനുഭവമാണ് അതുകൊണ്ടാണ് അതിന് വിസ്മരുന്നത് സ്മൃതി വ്യത്യാസമാണ് ഇന്നിപ്പോൾ ഞാൻ പുസ്തകത്തെ അനുഭവിക്കുകയാണ് പക്ഷെ ഇപ്പൊ തന്നെ ഞാൻ വിനോദിക്കുന്നതുകൊണ്ട് ഇന്നലത്തെ ഇവിടെ നടന്ന കാര്യങ്ങൾ വിഷമിച്ചിരിക്കുക ആണ് വ്യത്യാസം സ്വപ്നം ഇപ്പോഴും നമ്മുടെ ഉള്ളിലൊരു സ്മരണയായിട്ടേ ഇന്നലാവും ഒരിക്കലും അതൊരു അനുഭവമായാലും നിലക്കാൻ പറ്റും ജാഗ്രത അനുഭവമായിരിക്കും ഈ ജാഗ്രതയെല്ലാം നമുക്ക് ജാഗ്രത എന്ന പ്രപഞ്ചാനുഭവം നമ്മുടെ ദേഹം ഉൾപ്പെടെയുള്ള പ്രപഞ്ചാനുഭവം ഈ അനുഭവം ഒരു സ്മരണമാകുമെന്ന് വേണ്ടി വേണം ഇത് അസത്യം എന്നറിഞ്ഞ പോലെ അസത്യം എന്നറിഞ്ഞാൽ അസത്യമായ ലോകം അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ സത്യം എന്നറിയുന്ന ബാധ അതുപോലെ നമ്മുടെ ബാധ്യ മൂലങ്ങൾ എന്താണ് ജഗത്ത് അപ്രത്യക്ഷമാകുന്ന ബാധയല്ല സ്വപ്നം പോലെ ബാധ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അസത്യമായി അറിയുന്ന മാത്രമല്ല സ്വപ്നം അപ്രത്യക്ഷം ഇപ്പൊ ഇല്ല എന്നാ ഒരു അതുപോലെ ഈ ജഗത് ാണ് വീണ്ടത് സ്മരിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഉയർന്ന അവസ്ഥ അതിനെ കുറിച്ചാണ് പറയുന്നത് പോയാൽ വിദേഹം എത്തനായിട്ട് തത്വദൃഷ്ടിയില്ല ഇപ്പോഴും വിദേഹം എത്തണം എന്ന് പറയാം പക്ഷെ അതുപോലെ അനുഭവത്തിന്റെ തരത്തിലാവണമെങ്കിൽ അയാൾ അനുഭവ ശൂന്യനായി കേട്ടില്ല ഞാൻ അത് ഇതാണ് വരൻ വരിക എന്നുള്ള പറയുന്ന അവസ്ഥയിൽ പോയുമെന്ന് വിചാരിക്കും വരുഷനായ പിന്നെ പോക്ക് വരുക പിന്നെ എന്തുവരുന്നു അതോടെ ഇവിടെ പറയുന്ന അപുനസ്മരണം വിസ്മരണവും അതാണ് വരം എന്ന് പറയുന്നത് അങ്ങനെ അറ്റത്ത മില്ലാത മറ്റത് അയാളെ സംബന്ധിച്ച് വിഷയവൃത്തി ഉണ്ടാവും വിഷയബോധം ഉണ്ടാവും ബ്രഹ്മാകാര വൃത്തിയുണ്ടാവും രണ്ടും ഉണ്ടാവും ബ്രഹ്മാകാര വൃത്തിയെന്ന് പറയുമ്പോൾ സമാധം വിഷയാകാല വൃത്തിയെന്ന് പറയുമ്പോൾ ജാഗ്രത ബോധം പ്രപഞ്ചവ്യവഹാരം അത് വരൻ വരിയ എന്നൊക്കെ പറയുന്നത് ഇനി വിശദീകരിക്കുന്ന അവസ്ഥ വരിഷ്ഠനു പറയുന്നത് അതല്ല അതാണ് ഇവിടെ വരം എന്ന് രണ്ട് തരത്തിലാണ് നമ്മുടെ വിശദീകരിക്കുന്നത് അതിന് നമുക്ക് വ്യക്തമായും അറിയാം ഈ പറയുന്ന വരൻ വരിയാന് വരിഷ്ഠൻ ഈ മൂന്ന് തലത്തെയും ഭാഷകാരൻ പരാമർശിക്കുന്നേ കർഷകരെ സംബന്ധിച്ചിടത്തോളം എന്താണ് മറക്കുന്ന പ്രശ്നം തത്വജ്ഞന്റെ ആവശ്യമില്ല ഇവിടെ പറയുന്ന വിശദീകരിക്കുന്നതാണ് ഇപ്പൊ ദൃശ്യത്തിന്റെ അത്യന്താഭാവം എന്ന് പറയും ദൃശ്യാത്യന്ത ബോധം എന്ന് പറയുന്നത് ബ്രഹ്മ വരൻ വരിയവർക്കെന്നാണ് കാരണം അവർ സമാഹിയിലേക്ക് പോകുമ്പോൾ അവർക്ക് ദൃശ്യത്തിന്റെ അത്യന്താ അഭാവമാണ് അവിടെ സംഭവിക്കുന്നത് ഉണർന്നു വരുമ്പോൾ അവരറിയുന്നെന്താണ് ഞാൻ ഇതുവരെ സമാഹികനായിരുന്നു എനിക്ക് ശരീരം ഉൾപ്പെടെയുള്ള ബോധം ഉണ്ടായില്ല അവർക്ക് ദൃശ്യ അത്യന്താഭാവബോധമാണ് സമാധി കൊണ്ട് സാധിക്കുന്ന അത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ലെന്നല്ല പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഭാഷ്യസമാധാനമാണ് ആ വ്യത്യാസം ഇതൊന്നും ഇതൊക്കെ സംബന്ധം ഞാൻ പറഞ്ഞു ധരിച്ചോടെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഒരു ധ്വനി ഞാൻ പറയുന്നത് കൃത്യമായി വ്യക്തമായി പറയും വിദ്യാർത്ഥ്യ സ്വാമി പോലെയുള്ള ഉൽക്കാലത്ത് പിന്തുടർന്ന ഇതാണ് ഭാഷ്യത്തെ ഒരു അതാണ് ആ വ്യത്യാസം ഞാൻ പറയുന്നത് ഇതാണ് പിന്നീട് വന്ന് പല ആചാര്യന്മാർ പല തിരിച്ചു തുടങ്ങിയ ഒരു ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് ശങ്കരാത്മീയനും അതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കാൻ നമ്മുടെ ദൃശ്യ അത്യന്താ അഭാവബോധം വരും അപ്പോ ആ ദൃശ്യ അത്യന്താഭാവ ബോധം ദൃശ്യ അത്യന്താഭാവമുള്ളപ്പം അയാളെ അനുഭവിക്കും അത് സമാധിയിൽ അനുഭവിക്കും ബ്രഹ്മാകാര വൃത്തി ബ്രഹ്മാകാര വൃത്തി പത്മേ ഭാഷകാരം ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ്രഹ്മത്തിനൊരാകാരമേ ഒരു രൂപം എന്തെങ്കിലും ബ്രഹ്മകാരം ഏറ്റവും ഒരു വൃത്തി ഉണ്ടാകാൻ തക്കാകാരം അതുകൊണ്ടാണ് അത് പറയാറ് ബോധം വൃത്തിയാണെന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ബോധം ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന അന്ധകരണ വൃത്തിയാണ് അത് പറയുന്നു പലയിടത്തും പക്ഷെ അതൊരു ബ്രഹ്മാകാര വൃത്തി അങ്ങനെ ആ ബ്രഹ്മാകാര വൃത്തിയെ എവിടെ നിർത്തി സമ്പ്രജ്ഞാത സമാധിയും യോഗികളുടെ സമ്പ്രജ്ഞാത സമാധി എന്ന് തത്വസാക്ഷാത്കാരം എന്ന് സംപ്രജ്ഞായത്മിൻ അവിടെ ഒരു വിശേഷമായി ഞാനൊക്കെ അതെന്റെ ചുവട് പിടിച്ചാണ് ഈ എഴുതിയിരിക്കുന്ന മുടി അതെന്താണ് അത് കുറച്ച് വോമഡിയോടെ ചേർക്കുക രസകരമാക്കാൻ സിനിമയിലും മറ്റൊരു കോമഡി ആക്ടറാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇച്ചിരിക്കണം ഒരു സന്തോഷം വേണം അതിനുവേണ്ടി ഒരു കോമഡി കൂടെ അവിടെ വരും അതുപോലെ നമുക്ക് കുറിച്ച് രസിക്കാൻ വേണ്ടിയിട്ട് ഇതൂടെ കൊണ്ടുവന്നാണ് ആൾക്കാരത്തെ കുറിച്ച് ആക്ടറാണ് അതുകൊണ്ടാണ് പറയുന്നത് വേദാന്തം പറയുന്നത് ശുഷ്കമാണ് മറ്റുള്ളവർ പറയുന്നത് വളരെ ശുഷ്കമാണ് ഭക്തിയിലാണെങ്കിൽ എന്താണ് ഒന്നിവിടെ കുറച്ച് തരുകയും ഒന്നും പരിശുഷ്ടമായി എന്നാൽ പിന്നെ ഇതിലേക്ക് കിട്ടാത്ത കോമണി അങ്ങനെയാണ് എന്ത് ചെയ്തത് ഈ സാധനം അപ്പൊ ആൾക്കാർക്ക് രസമാണ് നമുക്ക് ശരിക്കുമുള്ള സന്തോഷമൊന്നുമില്ലെങ്കിലും സന്തോഷമൊന്നും ഭാവന ചെയ്യുന്നതും സന്തോഷം ബ്രഹ്മാനന്ദമൊന്നുമില്ലെങ്കിലും ബ്രഹ്മാനന്ദം നമ്മൾ ഭാവന ചെയ്തിരിക്കുന്ന ഒരു സുഖമാണ് അതുപോലെ അതുകൊണ്ട് സ്വബോധം അന്വേഷിക്കും ഈ സ്വബോധം ആത്മബോധം എന്തിനു വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തിന്റെ അത്യന്ത അഭാവത്തെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംബന്ധിച്ച് പ്രപഞ്ചത്തിന്റെ അത്യന്താ അഭാവം ബോധിക്കുന്നതിന് സമാധിയിലാവശ്യം എന്തു മതി പറഞ്ഞ ബോധം കെട്ടാണ് അങ്ങനെ ബോധം കെട്ടിട്ട് ആൾക്കാരെ വിളിച്ചു നിർത്തുമ്പോൾ ചോദിക്കാട്ടില്ല ഓർമ്മയുണ്ടോ പഴയ കാര്യങ്ങളൊക്കെ പ്രശ്നം ബോധമുണ്ടെങ്കിൽ ഡോക്ടർമാർ മയക്കിടത്തി ഉണർന്നു വരുമ്പോൾ അവരോട് ചോദ്യം ചോദിക്കും ഇവർ ശരിയായ ബോധത്തിലാണോ എന്നോ അവിടെ കുഴപ്പത്തിലായോ അപ്പൊ നമ്മൾ ശരിയായ ഉത്തരം പറഞ്ഞാൽ ഉടനെ മയക്കൾ ശരിയായി കുഴപ്പം രോഗി സ്റ്റേബിളാണ് പിന്നെ നമ്മൾ സ്വാഭാവികമായും ശരിയായ ബോധത്തിലേക്ക് വരും അപ്പോ അവിടേക്ക് ഇത്രയും സംഭവിക്കുന്നുള്ളൂ സുഹൃത്തയിലായാലും ശരി ബോധം കെട്ടായാലും ശരി സമാധിയിലായാലും ശരി പ്രപഞ്ചത്തിനൊന്നും സംഭവിക്കില്ല െന്താ സംഭവിക്കുന്നത് നമ്മൾ പ്രപഞ്ചത്തിന് നമുക്ക് പ്രപഞ്ചത്തിന്റെ അനുഭവം തന്നെയുള്ളൂ അതാണ് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ അത്യന്താ ബോധവും അല്ലാതെ പ്രപഞ്ചത്തിന് അത്യന്താഭാവം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല നിങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ചു ശരിയാണ് ഈശ്വരൻ സൃഷ്ടിച്ചേ മനുഷ്യനങ്ങനെ ഇല്ലാതാക്കും ഏത് യോഗാതാക്കാൻ യോഗികളാണെങ്കിൽ അങ്ങനെ ഒരു അവർക്കൊരു അവകാശവാദമേയില്ല കാരണം അവരുടെ പ്രകൃതി നിത്യമാണ് അവര് പറയുന്ന രോഗികളുടെ പ്രകൃതിയെല്ലാം അത്യന്തോ ഭാവത്തോളം പക്ഷെ ചില വേദാന്തികൾ പ്രസംഗിച്ചത് സ്റ്റേഡ് ഒന്ന് പ്രസംഗിച്ചു കേട്ടാണ് പ്രസംഗിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓ ഇതെല്ലാം പോയി പ്രപഞ്ചമെല്ലാം മറഞ്ഞ് പോയിന്നവർ സ്വന്തം ദേഹം പോലും മറയുന്നില്ല എല്ലാം അവിടെ തന്നെയുണ്ട് അവനറിയില്ല എന്ന് മാത്രം ഇനി പ്രപഞ്ചം പറയണമെങ്കിൽ എന്ത് വേണം ശരിക്കും പ്രപഞ്ചം അറിയണമെങ്കിൽ സംഭവിക്കണം എങ്ങനെയാണെങ്കിൽ മറയ്ക്കാം നമ്മൾ ഒരുപാടൊക്കെ ചർച്ച ചെയ്താൽ നമ്മൾ എന്താ മറന്നുപോകും ർക്കും ഓർമ്മയെ തോന്നുന്നു നമ്മുടെ ഈ പ്രപഞ്ചം നമ്മുടെ ബോധത്തെ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ ബോധമുണ്ടാകുമെന്നും പ്രപഞ്ചം പറയും ക്ഷണികളിക്കാനോ അധികം അഭിപ്രായമാണ് അന്ത ബഹിരിക എന്നാണ് ഇത് കേവലം എങ്ങനെ ോധമാണ് പക്ഷെ പുറത്തുള്ളതുപോലെ തോന്നുന്നു സന്തുരാജയത്തിന് ബൗദ്ധന്മാരുടെ ആശയങ്ങളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശക്തമായി നിഷേധിച്ചിട്ടാണ് അത് നമ്മളും വിസ്മരിക്കരുത് സൗന്ദരാചാര്യങ്ങൾ സ്വയം ബൗദ്ധനല്ല അതായത് ഒരിക്കലും ബോധത്തെ ആശ്രയിച്ച് പ്രപഞ്ചം നിക്കയില്ല എന്നൊന്നാണ് അദ്വൈതത്തിന്റെ ക്ഷണികവിജ്ഞാനമാകും അദ്വൈതവും വ്യത്യാസം അവര് പറയുന്നത് നമ്മുടെ ബോധത്തെ ആശ്രയിച്ചാണ് പ്രപഞ്ചം നിക്കുന്നത് അതൊരിക്കലും സാധ്യമില്ല അങ്ങനെ നിൽക്കുന്നത് വസ്തു കൂടെ ഒന്ന് ഞാൻ ആഗ്രഹം അത്രയുള്ളൂ ബഹിരുവോദ്ഭൗതം യഥാരിത്രയം വ്യാഖ്യാനം തകർക്കാറില്ല അഭിവൃദ്ധിക്കുള്ളത് ബഹിരിവ പുറത്തുന്നതുപോലെ പ്രകടമായതാവും വ്യാഖ്യാനിക്കാതെ സോൺ ഞാനും വ്യാഖ്യാനിക്കും ഇല്ലാന്ന് പറയുന്നൊന്നും അദ്വൈനമല്ല പക്ഷുകാരം പറയുന്നത് അദ്വൈനമല്ല ലഹീരിയല്ല ഇവിടുത്തെ പുറത്തുള്ളത് തന്നെയാണ് പുറത്തുള്ളതിനെവിടുന്നു അത് ലഹീരിഭോത് ബോധം ഇതിൽ നിന്ന് വന്നാണ് അങ്ങനെ ഉണ്ടോ അല്ല അദ്ദേഹം എടുക്കന്നെ സ്വീകരിച്ചത് അവരൊരിക്കലും ക്ഷണീകരിക്കാനോ അതെ സ്വീകരിക്കും നേരൊട്ട് സ്വീകരിക്കട്ടില്ല ഏജ്ഞാനവാദത്തെ സ്വീകരിക്കില്ല ഇനീ പറഞ്ഞാ സ്വീകരിക്ക അത് വിവേക ചൂടാമണിയിലും അതന്നെ പറയും അത് സ്വീകരിക്കും ഏ ഇത് സ്വീകരിക്കുന്ന ഇതിനകത്ത് എന്ത് ചെയ്തു ബ്രഹ്മത്തെക്കൂടെ പറഞ്ഞു അവരത് പറഞ്ഞു ഇവിടെ എന്ത് ചെയ്തു ഒരു ബ്രഹ്മത്തെക്കൂടെ ഉൾക്കൊണ്ട് ഇത് തന്നെയാണ് വിവേക ചൂടാമണി എന്നും പറയും അതൊക്കെ ആൾക്കാരെ സ്വീകരിക്കും ബ്രഹ്മത്തെ കൂടെ ഉൾക്കൊള്ളു അവര് ബ്രഹ്മത്തെ സ്വീകരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ആനയ വിജ്ഞാനം പ്രവർത്തക വിജ്ഞാനം രണ്ടു തരത്തിലുള്ള വിജ്ഞാനമേ ഉള്ളൂ വിജ്ഞാനപ്രവാഹമാണ് ഉള്ളിന് നടക്കുന്ന വിജ്ഞാന പ്രവാഹമാണ് ഇനി പുറത്തേക്ക് പുസ്തകം പോലെ കാണുന്നു എന്നാണ് പറയുന്നത് ഉദ്ഭൂതം പുറത്തുള്ളതുപോലെ നിജ അന്തർഗതം തന്റെ ഉള്ളിലുണ്ടായിരുന്നു പുറത്തുള്ളതുപോലെ കാണുന്നതാണ് ഇത് ഭാഷ്യസംബന്ധമായ ആശയം പുറത്തുള്ളത് പുറത്തുള്ളത് തന്നെ നിങ്ങൾ ഉറങ്ങിയാലും നിങ്ങൾ സമാധിയിലായി ഇതുകൂടെ ഉള്ളവിടെ തന്നെയുണ്ട് കാരണം ഇവിടെ പറയുന്നു ഭക്ഷ്യതാരം പറയുന്ന എന്താണ് വസ്തു കൂടെ ഉണ്ട് നിങ്ങൾ പ്രമാണത്തിലൂടെ തന്നെ അറിയും ഒരു വസ്തുവിനെ നിശ്ചയിക്കുന്നത് പ്രമാണത്തിലൂടെയാണ് ചോദിച്ചാൽ ഇപ്പൊ കള്ളിനെടുക്കും പുസ്തക കൂടെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ നിശ്ചയിച്ച് കണ്ടെന്ന് അതിന് പ്രമാണമായിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ കാണുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് വസ്തു കൂടെ നിശ്ചയിക്കാൻ പറ്റില്ല വസ്തു കൂടെ വസ്തു കൂടെ ഉണ്ട് എനിക്ക് നിശ്ചയിക്കാൻ പറ്റില്ലെന്നേ ഇത് പുസ്തകമാണെന്ന് എനിക്ക് നിശ്ചയിക്കണമെങ്കിൽ വസ്തു കൂടെ പ്രമാണം വിഷയത്തിൽ പ്രവർത്തിച്ചിട്ട് നിശ്ചയം ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മളെന്ന് പറയുന്നത് ഘടകം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവിടെ രണ്ട് ഞാൻ അംഗീകരിക്കും ഘടത്തെ അംഗീകരിക്കുന്നു വസ്തുവെന്ന് പറയുന്നത് ജ്ഞാനമല്ല വസ്തുജ്ഞാനത്തിന്റെ വിഷയമാണ് വസ്തുജ്ഞാനത്തിന്റെ വിഷയമാണ് പക്ഷെ ഇവിടെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെയല്ല മാറ്റി പറഞ്ഞു അതുകൊണ്ടാണ് എല്ലാവരും ഇതൊക്കെ ജ്ഞാനമാണെന്നൊക്കെ ജ്ഞാനമയമായിട്ടൊക്കെ പോകും അദ്വൈതം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇതൊന്നും ജ്ഞാനമയമാകത്തില്ല വിഷയം വിഷയം തന്നെ അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല കാരണം പ്രമാണത്തിന് എന്താണ് ഇപ്പോൾ അതാണൊരു വിഷയമില്ല എന്ന് പ്രവർത്തിക്കാൻ പറ്റും ബ്രഹ്മന്റെ വിഷയമല്ല പിന്നെ ഇങ്ങനെ കാണാൻ പറ്റുന്നു അടിച്ചുവിടുക കണ്ണിന് എന്തിനാഗ്രഹിക്കാൻ പറ്റും നിറത്താഗ്രഹിക്കാൻ പറ്റും ആകൃതി ആഗ്രഹിക്കാൻ പറ്റും ഇതൊക്കെ കണ്ണിനെ ഗ്രഹിക്കാൻ പറ്റും ബ്രഹ്മം കണ്ണിന്റെ വിഷയമാണ് അപ്പൊ ഇതിലെങ്ങനെ പ്രപഞ്ചത്തെ ജ്ഞാനമയമായി കാണുന്നതൊക്കെ പറയുമ്പോൾ ശുദ്ധ അസംബന്ധമാണ് നടത്തുന്ന കാര്യം അതുകൊണ്ട് വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോധത്തെ ആശ്രയിക്കുക അത് സ്വതന്ത്രമായി നിൽക്കുന്ന കാര്യങ്ങളാണ് അതിനെ വിഷയമാക്കുന്നതിനൊരു പ്രക്രിയയുണ്ട് അത് ശരിയായാലും എന്താ പഴയകാലത്ത് അംഗീകരിക്കും അപ്രക്രിയ എന്ത് ചെയ്യുന്നു ഇന്ദ്രിയങ്ങൾക്ക് വിഷയവുമായി സംബന്ധമുണ്ടാകുന്നു മനസ്സ് വിഷയപ്പെടുത്തിയിരിക്കും ഇതാണ് സംഭവിക്കുന്നത് അല്ലാതെ ഈ ബോധം സൃഷ്ടിക്കുന്നതല്ല എത്തിക്കാൻ പറ്റില്ല ഇത് അറിയുന്ന സംബന്ധിച്ചിടത്തോളം മുഖ്യമായ വിജ്ഞാനവാദികൾ എന്താ പറയുന്നത് സഹ ഉപലംഭനീയമാണ് അവർ പറയുന്നത് ജ്ഞാനമുള്ളപ്പോഴേ വിഷയമാണ് കാരണം ഈ പുസ്തകമെന്ന് പറയണമെങ്കിൽ വേണം അറിയണം അറിയുന്നതെന്ന് വെച്ചാൽ ബോധം ബോധമുള്ളപ്പോഴേ രീതിയിൽ ഇത് പുസ്തകം എന്നറിയാൻ പറ്റും ബോധവും പുസ്തകവും സഹഫിലം ഒരേ സമയത്താണ് നമുക്ക് ഉപലബ്ധമാണ് ഒരേ ചെയ്യുന്നത് പുസ്തക ക്ഷണം എന്ന് പറയുമ്പോൾ പുസ്തകവും ജനവും ഒരേ അതുകൊണ്ട് ഈ പുസ്തകം എന്ന് പറയുന്നത് ഞാനത്തിന്റെ തന്നെ ഒരു സൃഷ്ടിയാണ് ഞാനത്തെ എങ്ങനെ പുസ്തകത്തെ സൃഷ്ടിക്കാൻ കഴിയും പൂർവ്വവാസങ്ങൾ അനാദി അപ്പോൾ എന്തുകൊണ്ട് ഞാനും പുസ്തകത്തെ സൃഷ്ടിക്കുന്നു പിന്നെ മേസ എന്ന് പറയുന്നത് വ്യത്യസ്ത വാസനകൾ വ്യത്യസ്തമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്താണ് എന്താണ് പറഞ്ഞു വരുന്നത് ഏകാഗ്രതയിൽ വിഷയം ജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ് എന്ന് അംഗീകരിച്ചാൽ മാത്രമേ ജ്ഞാനം കൊണ്ട് വിഷയത്തെ ഇല്ലാതാക്കാൻ കഴിയൂ ജ്ഞാനമാണ് നമ്മുടെ ബോധമാണ് വിഷയൊക്കെ സൃഷ്ടിക്കുന്നതെന്ന് അംഗീകരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ബോധമില്ല വിഷയമില്ല ഒത്തിരിയുള്ളൂ ഇന്ന് ബോധമാണ് ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നത് ഞാൻ ഉറങ്ങുന്നു ബോധമില്ല വിഷയമില്ല കാര്യങ്ങളിലുപ്പമാണ് അതിനവർ വെക്കും എൻ്റെ ഉദാഹരണം പറയുന്നുണ്ട് എന്താണെന്ന് സ്വപ്നം സ്വപ്നത്തിൽ നോക്കുക ആനയും മുദ്രയൊക്കെയുണ്ട് എന്താണ് ഈ ആനയും ബുദ്ധിമുട്ടെ അവിടുത്തെ ബോധമാണ് സ്വപ്നത്തിന്റെ ആനയും ഗുതിരെയും ബോധമാണ് ഇനി ഉണർന്നു വന്നാലോ സ്വപ്ന ബോധമില്ല ആനയും മുതിരയൊന്നുമില്ല അപ്പോ ബോധമല്ല ആനയും ഗുദ്രങ്ങൾ സൃഷ്ടിക്കുന്നു അതാണ് ജാഗ്രത സംഭവിക്കുന്നതെന്നാണ് സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ എന്ന് പറയുന്നത് ബ്രഹ്മസൂത്ര ജണ്ടാധേയത്തിൽ നാഭാവലബ്ധേ സൂത്രത്തിന്റെ വ്യാഖ്യാനം എടുത്ത് അങ്ങനെ വാസുകൊക്കെ കർക്കാർ അത് മനസ്സിലാക്കുന്നുണ്ട് അവർ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്തു വേറെ പണ്ടത്തുമുണ്ട് ഞാൻ എന്റെ മനസ്സിൽ ഓർമ്മകുന്ന ഒരു സ്ഥാനം പറയുമ്പോൾ അവളുടെ പ്രധാനവും അദ്ദേഹത്തെ മനസ്സിലാകണമെങ്കിൽ അത് അറിഞ്ഞിരിക്കും അപ്പൊ ബോധമില്ലെങ്കിൽ പ്രപഞ്ചം ഇല്ലാതാക്കും ഈ ബോധത്തെ ആസ്വദിച്ച് നിൽക്കുന്ന ഒന്നല്ല അതവിടെ ഉള്ളതുകൊണ്ട് എന്റെ ഇല്ലയങ്ങൾ പ്രവർത്തിച്ച് എനിക്കതിനു പറയും അതങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമുള്ളതാണ് ഞാനുള്ള ഈശൂര്യ ചന്ദ്രാതി ഇല്ലാതെയും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ രൂപത്തെ രൂപപ്രപഞ്ചത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഉറങ്ങേണ്ട കാര്യമില്ല സമാധി പോകേണ്ട കാര്യമില്ല എന്ത് ചെയ്താ മതി കണ്ണടച്ച കണ്ണടച്ച പിന്നെ കാണും കണ്ണടച്ച ഈ രൂപപ്രപഞ്ചം കാണൂ ഒന്നും കാണത്തില്ലല്ലോ പക്ഷെ ഞാൻ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷ കണ്ണടക്ക് എന്നിട്ട് തപ്പി നോക്കുക പ്രസ്ത അപ്പൊ കാണുന്നോണ്ടാണോ ബസ്സൂടെ ഇരിക്കുന്നത് കണ്ണടച്ച പ്രസവില്ലാതെയാവും ഇതൊക്കെ അദ്വൈതമായി പഠിപ്പിക്കുന്നുണ്ട് അത് എല്ലാബദ്ധമാണ് പക്ഷെ അതെവിടുന്ന് വന്നു ഇതിൽ നിന്ന് വന്ന വിസ്മരണമെന്ന് പറയുന്ന ഒരാശയം കൊണ്ടുവന്നു വിസ്മരിച്ചാൽ ഇല്ലാതാകും എന്ന് പറയുന്ന പരമാവധം പക്ഷെ അത് ശരിയാകും ഇവിടെ സമാധിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിയാണ് സമാധിയിലുണ്ടെന്ന് എനിക്ക് പ്രപഞ്ചാനുഭവം അത്രയുള്ളൂ അല്ല പ്രപഞ്ചം ഇല്ലാതാകുകയല്ല ഞാൻ പ്രപഞ്ചത്തെ അറിയുന്നില്ല അതുകൊണ്ടാണ് ഗുരു സമാധിയിരിക്കുമ്പോഴും ശിഷ്യൻ എന്തുകൊണ്ടു ചെന്ന് ഇതിനെ വായു നോക്കിയിരിക്കാൻ പറ്റുന്നു അതുകൊണ്ടാണ് പ്രപഞ്ചം ഇല്ലാതെ പിന്നെ ശിഷ്യൻ അവിടെ കാണും ഗുരു സമാധിയിലിരിക്കുന്നു പ്രപഞ്ചം പോയി നയിച്ചുപോയി എവിടെ ഗുരുവിൽ ഇരിക്കാൻ പറ്റും ശിഷ്യൻ ശിഷ്യൻ എന്തുകൊണ്ട് ഇരിക്കുന്നു പ്രപഞ്ചം നയിച്ചിട്ടില്ല ഒരു ഇത് ശരീരം പോലും ലയിച്ചിട്ടില്ല ഒന്നും ലയിക്കില്ല മനസ്സ് പ്രവർത്തിക്കുന്നില്ല തന്നെയാണ് അതുകൊണ്ട് ഇത് ഈ ഭാര്യ തെറ്റായി തരികയില്ല അതുകൊണ്ട് തന്നെ ശരീരം മനുഷ്യ അത്യന്താഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ബോധം പെടുന്നത് പോലെയാണ് ഉറങ്ങുന്നത് അവിടെ കൂടുതലായിട്ട് പറയുന്നത് സമാധിയിൽ അങ്ങനെ ഒരു ബ്രഹ്മാകാര വ്യക്തി ഉണ്ടാകുന്നു ബ്രഹ്മബോധം ഉണ്ടാകുന്നു എന്നാണ് ഭാഷകാരം പറയുന്നു ആരും സമാധിന്റെ ആവശ്യമില്ല ബ്രഹ്മബോധം എന്ന് പറയുന്നത് എപ്പോഴുണ്ടാവും ജാഗ്രതന്നെ ഉണ്ടാവും എന്താണ് സമാധി പോകുന്നത് ബ്രഹ്മമാണ് സത്യം എന്ന് പറയുന്നത് സമാധി പോകേണ്ട കാര്യമില്ല ജാതെ ഉണ്ടാവും ഇതും വിളിച്ച് സചൈഹവ താസ്ത്രം ആകർമ്മയസേ തന്നയഥ സചൈഹ സംഭവത്തിവസ്ത്ര ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കും അല്ലെങ്കിൽ നിനക്ക് ഈ ജന്മത്തിലതൊക്കെ സംഭവിക്കും ഈ ശാസ്ത്രത്തിൽ അതിനുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് അപുനസ്മരണ രൂപത്തിലുള്ള വിസ്മരണം തുടങ്ങി ദൃശ്യസ്ഥേന്ദഭാവം ഇതൊക്കെ ഇവിടെ സംഭവിക്കും അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തിൽ നിന്ന് സംഭവിക്കും സച്ചയില സംഭവത്യേവ ഒരു സംശയം വേണ്ട ഇതം ശാസ്ത്രം ആകത്തും അതിനുവേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രം ആരംഭിച്ചിരിക്കുന്നത് വിസ്തൃതമായ ശാസ്ത്രം അങ്ങനെയൊക്കെ പറയാം ആരംഭിച്ചിരിക്കുന്നത് ആകർണേശ് തത്വം ആപ്ശസി നാല്യത അതുകൊണ്ട് ഈ ശാസ്ത്രം കേൾക്കുകയാണെങ്കിൽ അപ്സ്യനാഥ അങ്ങനെ ചെയ്ത് സ്ഥാപിക്കാൻ പറ്റും എന്താണ് ഈ ദൃശ്യവിസ്മൃതത്തിന്റെ സമാധി ദൃശ്യ വിസ്മരണ രൂപത്തിലുള്ള സമാധി സംഭവിക്കാൻ പറ്റും ലിംഗത്തിന്റെ പലടത്തും സമാധി എന്ന് പറയും തത്വജ്ഞാന സമാധി എന്ന് പറയുമ്പോൾ ഈ തത്വത്തെ അറിയുന്ന പ്രപഞ്ച വിസ്മരണം കൂടാതെ നമ്മൾ ഉണർന്നിരുന്നു കൊണ്ട് തത്വത്തെ അറിയുന്ന സമാധിയിലും പറയും അവിടെ തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല എങ്ങനെയാണോ ശാസ്ത്രം അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്നത് ആ രീതിയിൽ തന്റെ തത്വത്തെക്കുറിച്ച് നിശ്ചയാത്മകമായി അറിയുക സംശയഹുതമായി ബോധിക്കാം അത്ര തന്നെ അത് മറ്റേതൊരു ബോധവും പോലെ തന്നെയാണ് നമുക്കുണ്ടാകുന്ന ഏതൊരു നിശ്ചയാത്മകമായ ബുദ്ധിയും പോലെ തന്നെയാണ് ആ ബോധം മറ്റു നിശ്ചയങ്ങളെന്ന് പറഞ്ഞാൽ നാലാം വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഈ നിശ്ചയം എന്നുള്ള എന്താണ് തന്റെ വാസ്തവസ്ഥ സർവാധാരമായിരിക്കുന്ന തത്വത്തെ സംബന്ധിച്ചു ആണെന്നുള്ള വ്യത്യാസം ജ്ഞാനം എന്നുള്ള അല്ലെങ്കിൽ എല്ലാ മാനസിക വൃത്തികളാണ് ഭാഷകാർ ആവർത്തിച്ചു പറയുന്ന കാര്യങ്ങൾ ജഗദ്ഭ്രമോയം ദൃശ്യോതി നാസ്ത്യേവേത്യുഭൂയതേ വർണവും യോമന അഖേത വിചാരേണ ജഗത് ഭ്രമോയം ദൃശ്യോതി ജഗത്ഭ്രമം ഇത് ജഗതനത്തം ഇത് സത്യമല്ലാത്തതുകൊണ്ട് ഭ്രമം അതിന് ശരിയാണ് സത്യമല്ല അതുകൊണ്ട് ഭ്രമമാണ് ജഗത്ഭ്രമോയം ദൃശ്യോതി ദൃശ്യമാണ് അതിലും ശരിയാണ് നാസ്തീയുമായി ഇതില്ല ഇവിടെയാണ് ഇവിടെ എന്താണ് ഭാഷത്തിൽ വന്ന് ചാടിപ്പോയി ഇതില്ല എന്നുള്ള അഭിപ്രായം ഭാഷകാരനില്ല ഇതില്ല എന്നുള്ള ഈ അഭിപ്രായം എവിടെയാ വരുന്നത് സമാധി വരുമ്പോഴാണ് ഇതില്ല എന്നുള്ള അനുഭവം ഏ ആ ഇപ്പൊ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ സമാധിയിൽ എത്തിച്ചേർന്ന എന്താണ് ഇല്ല ഈ ജഗതനുഭവം ഇത് ഈ ഭ്രമത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ ഇങ്ങനെ എന്താണ് മനസ്സ് വിനയിച്ചു പോവുക ഇതൊക്കെ ഇല്ലാതായി പോവുക ഇതൊക്കെ വെറും ഭാവന കൽപ്പന ചമത്കാര ഭാവനകളൊന്നും കേൾക്കുന്നവർക്കും പറയുന്നവർക്കും വലിയ സുഖം തോന്നുന്ന ഏർപ്പാടുകളാണ് അതിൽ പറഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞാൽ ശരിയാണ് ഉറക്കത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ അതുപോലെയൊക്കെ സംഭവിക്കാം അല്ലാതെ എന്താണ് ഈ ജഗത്ഭം ഇല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലാതെ എന്താണെന്ന് നിങ്ങളുടെ വ്യത്യാസം സത്യമല്ല എന്നാണ് ഇല്ല എന്നല്ല നമ്മളിത് അനുഭവിച്ചുകൊണ്ടുതന്നെ ഇരിക്കും എപ്പോഴാണോ നമ്മുടെ ഈ വിജയങ്ങൾ ഉണർന്നിരിക്കുന്നത് ഈ ഉണർന്നിരിക്കുന്ന സമയത്തെല്ലാം ഇതനുഭവിച്ചുകൊണ്ടിരിക്കും അപ്പോ നമുക്കത് അറിയാൻ പറ്റും ഇത് സത്യമല്ല എന്നറിയപ്പെട്ടു ഇത്രയും സത്യം അല്ല ജീവിതില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും അങ്ങനെ അനുഭവത്തിൽ യാതൊരു സാധ്യതയില്ല എന്തുകൊണ്ട് അത് ഒരു ഭക്ഷണകാലം കൃത്യമായി ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളോട് എത്രയോളം പറഞ്ഞാലും അധികമാകത്തില്ലോടി പറയാം ഈ വരഭ്രമെന്നൊക്കെ പറഞ്ഞാൽ വരുന്ന വിശ്വാസം എന്താണ് അതായത് തദൈക്ഷ ദൌശ്യം പരിപാടി ആ സത്ത് സങ്കല്പത്തിലാണിതായി പറയും ഭാഷകാരത്തിൽ വ്യക്തമായി മനസ്സിലാക്ക സത്തിന്റെ സങ്കല്പത്തിൽ ഇതെല്ലാം ഉണ്ടായി അപ്പോ സത്ത് തന്നെയാണ് ഇതിനെല്ലാം ഉപാദാനമായിരിക്കും ഇതിനാധാരമായിരിക്കുന്ന സത്ത് തന്നെയാണ് ഉദാഹരണത്തിലൂടെ പറയുന്നത് മൃത്ത് തന്നെയാണ് എന്തായിരിക്കുന്നത് മൺപാത്രമായിരിക്കും അപ്പോ മൺപാത്രമായിരിക്കുമ്പോഴും ആ മൺപാത്രം സത്ത് തന്നെയാണ് അതില്ലാത്തത് എന്തുകൊണ്ട് സത്തായിരിക്കുന്നത് എന്തുകൊണ്ടാണ് സത്തായിരിക്കുന്നത് ഏ മണ്ണാണ് മണ്ണെന്നണാലും സത്താണ് മൺപാത്രത്തിൽ നിന്നൊരിക്കലും മണ്ണല്ലാതിരിക്കാൻ പറ്റില്ല വളരെ ലളിതമായി മനസ്സിലാക്കാം അപ്പം ഇവിടെ പറയുന്ന തത്വം എന്ന് പറയുന്നതും സത്ത് എന്ന് പറയുന്നത് എന്താണ് അത് ആണ് നാനാരൂപത്തിൽ അനുഭവപ്പെടുന്നത് ഈ പ്രപഞ്ചമായി അനുഭവപ്പെടുന്നത് നാമരൂപമായി അനുഭവപ്പെടുന്നത് അതായത് എപ്പോഴും സത്ത് തന്നെയാണ് അതൊരിക്കലും ഇല്ലാതാകേണ്ട സാധനമല്ല പിന്നെ എന്താണ് ഈ ഭ്രമം ഭാന്തി എന്ന പറഞ്ഞല്ലോ ജഗത് ഭ്രമം അത് ഭാഷയിലോ എന്താണ് ഭ്രമം എന്ന് പറയുന്നത് അതിനും പ്രത്യേക രൂപം വന്നു പാത്രം മണ്ണിനില്ലാത്തൊരു പ്രത്യേക രൂപം വന്നു അതിൻ്റെ എന്താണ് അതുകൊണ്ട് വെള്ളം പോരാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് സംഭവിക്കുന്നു രൂപം അതുകൊണ്ട് നമ്മൾ ധരിക്കുന്നത് മണ്ഡലിൽ നിന്നും വേറിട്ടൊരു വസ്തുവുണ്ടായില്ല അവിടെ വേറിട്ടൊരു വസ്തു ഉണ്ടായിട്ടില്ല നാമരൂപങ്ങളോ നാമത്തിന്റെ കാര്യം പോട്ടെ രൂപം അതാരണ പ്രശ്നം ഉണ്ടാകും ആ രൂപമോ ആ രൂപം എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് വേറിട്ടില്ല അത് മനസ്സിലാക്കാൻ വലിയ വേണ്ട മണ്ണിൽ നിന്ന് വേറിട്ടൊരു രൂപം അപ്പോ പിന്നെ ആരൂപം എന്താണ് അത് മണ്ണ് തന്നെയാണ് അല്ലേ നിങ്ങൾക്ക് ആ കുടം എന്ന് പറയുന്ന ആ വസ്തുവിന്റെ ആകാരത്തെ ആ രൂപത്തെ നിങ്ങൾക്ക് മണ്ണിൽ നിന്ന് വേറെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ മണ്ണെല്ലാതെ ഉണ്ടോ അത് നിങ്ങൾ എന്താണോ മിഥ്യ എന്ന് വിളിക്കുന്ന ആ രൂപം അതെന്താണ് അത് മണ്ണ് തന്നെയാണ് പക്ഷെ ഭ്രമവും കണ്ടുകൊണ്ട് പറയുന്നുള്ളൂ അവിടെ പുതിയതായ വസ്തു ഉണ്ടായി നമ്മള് നമുക്കൊരു ബോധം ഒരു ധാരണ ഉണ്ടാകുന്നു അതുകൊണ്ടാണ് പറയുന്നത് അതിനപ്പുറം ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നില്ല അതിനാണ് അനന്യത്വം ഇത് അതനന്യത്വം ബ്രഹ്മണ ശബ്ദാദ്ധ്യം രൂപം സത്തന്റെ മണ്ണിന്റെ രൂപം എന്ന് വെച്ചാൽ സത്തി സത്താണ് സങ്കല്പം ചെയ്തത് അതഐച്ഛത സത്താണ് ദൗത്യം അപ്പോൾ അതിനെന്തേലും നാനാരൂപങ്ങളുണ്ടായി ആ രൂപങ്ങളൊന്നും തന്നെ സത്തീയമല്ല അപ്പോൾ ഈ പാത്രം കൊണ്ടു പറയുന്നത് എന്താണ് അതിന് നമ്മൾ അധികമായി കാണുന്ന രൂപമാണല്ലോ ആ രൂപം മണ്ണ് തന്നെയാണെങ്കിൽ പാത്രം എന്താണ് മണ്ണ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കാണുന്നതെല്ലാം എന്താണ് സത്താണ് അവരുടെ എന്താ ഭ്രാന്തി എന്തിനാ ഭ്രമം കൂടി നമ്മൾ വേറെയാണെന്ന് കാണുന്ന സമയത്തേക്കും കാണും ഇപ്പൊ ഭ്രാന്തിയിൽ നിന്നും മുക്തനാകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മണ്ണാണെന്നറിഞ്ഞാൽ പിന്നെ അവിടെ ഭ്രാന്തി ഇല്ല ഇത് സ്വത്താണെന്നറിഞ്ഞു സംബന്ധിക്കുന്നതാണ് ഇവിടെ ഭ്രാന്തി ഇല്ല ഇതാണ് വളരെ സിമ്പിൾ ഇതിന് സമാധിയുടെ ആവശ്യമില്ല സമാധി കൊണ്ടത് സാധിക്കത്തുമില്ല സമാധി കൊണ്ടെന്താ സംഭവിക്കുന്നത് നിങ്ങള് പാത്രത്തെ കാണാനില്ലാത്ത പാത്ര കണ്ടില്ലെന്ന് ഞാൻ പ്രശ്നം പരിഹരിക്കും പരിഹരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഈ പറയുന്ന നല്ല ശരീരത്തിലുള്ള അദ്വൈതത്തിൻ്റെ പ്രക്രിയ അവിടെ എന്താണ് മിഥ്യയായിട്ടൊരു പദാർത്ഥമേ ഇല്ല ഉണ്ടെങ്കിൽ ദ്വൈതം അദ്വൈതം ഇങ്ങനെ സംഭവിക്കും സത്യമുണ്ട് മിഥ്യുണ്ടെന്ന് പറഞ്ഞാൽ അദ്വൈതം എങ്ങനെയാണ് സംഭവിക്കും അദ്വൈതം വന്നെ രണ്ടായി അങ്ങനെയൊന്നില്ല പിന്നെ ഈ മിഥ്യാത്വം എവിടെയായിരിക്കും ഈ പാത്രത്തെ സംബന്ധിച്ചുള്ള മിക്കാർത്ഥം എവിടെയായിരിക്കും ഞാൻ നമ്മുടെ ബോധത്തിലാണത് നമ്മുടെ അറിവിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് ആ കാണുന്ന ആ ആകൃതി മണ്ണല്ലെന്നു തെറ്റിദ്ധരിക്കും അത് മണ്ണല്ല എന്ന് തെറ്റിദ്ധരിക്കും അപ്പൊ എല്ലാ സംഭവിക്കുന്ന മണ്ണിൽ തന്നെയാണ് ഞാൻ വെള്ളം കൊണ്ടുവരുന്നു പാകം ചെയ്യുന്നു ഉരണ്ടിരിക്കുന്നതും ഈ സംഭവങ്ങളെല്ലാം എവിടെയാ സംഭവിക്കുന്നത് മണ്ണിൽ തന്നെയാണെങ്കിൽ മണ്ണിൽ നിന്ന് വേറിട്ടൊന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ സത്തിലാണെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നറിയ വേറെയൊക്കെ സംഭവിക്കുന്നു എന്നറിയുന്നത് അതിനെയാണ് നമ്മുടെ ബോധത്തിലാണ് ആ ഭ്രാന്തി വരുന്നത് അല്ലാതെ വസ്തുവിൽ സംഭവിക്കുന്നത് സത്തിൽ ഒരു മാറ്റം നിരത്തില്ല അതാണ് നിത്യം നിരവധ്യം നിരാകാരം നിഷ്ക്രിയം നിരഞ്ജനം എന്നെല്ലാം നിരവധി വാക്കുകളെ കൊണ്ടും ഭാഷകാരം പറയും അതാണ് സത്യം ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഇതാണ് അത്യതം ഈ പറയുന്ന പ്രപഞ്ചം ഇതാവുക അതാവുക ഇതാവുക അതിന്റെ ഒന്നും ആവശ്യമേ ഇല്ല അപ്പോ അവിടെ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് അതാണ് വിപരീത ബുദ്ധി എന്ന് പറയുന്നത് അതാ അതിനാണ് അജ്ഞാനം ഈ വിപരീത ബുദ്ധിയാണ് എങ്ങനെയാണ് എന്താണ് അവിടെ വേറൊക്കെ ഒരു വസ്തു ഉണ്ടായി മണ്ണിൽ നിന്ന് വേറൊക്കെ ഒരു പാത്രം ഉണ്ടായി എന്നറിയുന്ന വിപരീത ബുദ്ധി ഇതാണ് എങ്ങനെയാണ് അത് മണ്ണാണെന്നറിയുമ്പോഴോ ആജ്ഞാനം നശിച്ചു വിപരീത ബുദ്ധി നശിച്ചു ഇതുതന്നെയാണ് സത്തിൽ നിന്ന് ഭിന്നമായി പ്രപഞ്ചത്തെ നമ്മൾ ധരിക്കും നാമത്തെ രൂപത്തെ എന്തിനാ സത്തിൽ നിന്ന് ഭിന്നമായി ധരിക്കും സത്താണെന്ന് പറഞ്ഞാൽ ആ അജ്ഞാന വിപരീതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ബോധത്തിലെ മാറ്റം വരുന്നുള്ളൂ ഭാഗ്യമായി പ്രപഞ്ചത്തിന്റെ അത്യന്താഭാവമോ അങ്ങനെ യാതൊന്നും സംഭവിക്കുന്നില്ല സംഭവിക്കാൻ സാധ്യതയില്ല അനാദി ധനന്തോയലോകാര പശു കാലം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ലോകവ്യവഹാരം എന്താണ് അനാദിയായി അനന്തമായി നമ്മൾക്ക് ചത്തുപോയാലും വീണ്ടും ആൾക്കാർ കൂടി ഇതൊക്കെ തന്നെ പറയും ഇതൊക്കെ പറയണമെങ്കിൽ അവർക്ക് എന്ത് വേണം ഈ ബസ്വ മാത്രം പോലെ പിന്നെ എന്തുവേണം എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ വേണം പ്രപഞ്ചം വേണം അപ്പൊ ഇതൊക്കെ ഇതിൻ്റെ അത്യന്ത ഭാവം ഇങ്ങനെ സംഭവിക്കുകയാണ് ഭൗതികമായൊരു നാശം സംഭവിക്കുകയാണ് അല്ലാതെ നിങ്ങളുടെ വിജ്ഞാനം നാശം സംഭവിക്കുക ഭൗതികമായ നാശം എന്താണ് ഷഡ്ഭാവ വികാര അത് ഈ പ്രപഞ്ചത്തിനെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു ഭൗതികമായ കാര്യമാണ് നമ്മുടെ വിജ്ഞാനം എന്ന് പറയുന്നത് ഒന്നിനെയും നശിപ്പിക്കുന്നു എന്നല്ല പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നതല്ല എന്തുകൊണ്ട് അത് താരകമില്ല അങ്ങനെ അതിനുള്ള ശേഷിയില്ല ബോധത്തിന് പ്രപഞ്ചത്തെ പറത്തിക്കളയാനൊന്നും ഈ പ്രപഞ്ചമെന്ന് പറയുന്ന ഉള്ളിലിരുന്നിട്ട് പുറമെ ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്ന അല്ല പിന്നെന്താണ് അത് പുറമെ ഉള്ളത് തന്നെയാണ് ഈ ഉള്ളിലിരുന്നിട്ട് പുറമേ ഇരിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുന്നത് രണ്ട് കൂട്ടരാണ് ഒന്ന് വിജ്ഞാനവാദികളും മറ്റൊന്ന് കാശ്മീരി സയൻസ് ഇവ രണ്ടെന്ന് പറയും പദ്വീതം പറയുന്നില്ല ഇത് വ്യക്തമായൊരു ചോദ്യം ഒരു വ്യത്യാസം കൂടെ അറിയാൻ ഇല്ലെങ്കിൽ നിങ്ങളെ പുസ്തകം അത് വായിച്ചിട്ട് ഞാൻ നിങ്ങളെ അദ്വൈതം പഠിപ്പിച്ചത് വിവരൊക്കെ ഏതാണ് പഠിപ്പിച്ചതെന്ന് കഴിഞ്ഞു അങ്ങോട്ട് നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് അബദ്ധങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ശരീരം തരും അന്ന് കൈ കൊണ്ട് തൊടാൻ അതുകൊണ്ട് ജഗത്ഭ്രമോയം ദൃശ്യം ജഗദ്ഭ്രമം ശരിയാണ് ദൃശ്യം ശരിയാണോ നാസ്തേവ്യത്തിനും കൂടിയത് ഇതില്ല എന്നുള്ള അനുഭവം ഇത് ഞാൻ പറയുന്നത് ഒരാൾക്കില്ലാന്ന് അനുഭവം ഉണ്ടാകില്ലെന്നല്ല അതൊക്കെ ഉണ്ടാവാ പക്ഷെ ഇത് ഭാഷ്യസമ്മത ഭാഷ്യകാരന്റെ അധികാരം എന്നാ പറയുന്നത് അല്ല ദൃശ്യം ദൃശ്യം നാസ്തി എന്ന് പറയുന്നത് അതായത് ഇപ്പൊ പുസ്തകം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം ഇല്ലെന്ന് തന്നെ അല്ല ദൃശ്യം എന്ന് പറയുന്നത് പുസ്തകം ഇല്ല എന്ന് പറഞ്ഞാൽ പുസ്തകം ഇല്ല അല്ല അത് അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് പറയും ഇതൊരു സത്യത്വം എന്ന് പറയുന്നു സത്യത്വത്തെ നിഷേധിക്കാം ദൃശ്യത്തെല്ലാം നിഷേധിക്കാം രണ്ട് രണ്ടാണ് ദൃശ്യവുപി നാസ്തി എന്ന് പറഞ്ഞു ഞാൻ കാണാം കാണുമ്പോഴോന്നല്ല അത് ഭ്രമമാണെങ്കിലും അത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാണെങ്കിലും ഇല്ല എന്ന് പറയും ദൃശ്യം എന്ന് പറയുന്നത് പ്രതീതിയാണ് ഒരു വസ്തുദൃശ്യം എന്ന് വെച്ചാൽ എന്താണ് ദൃഷ്ടിക്ക് വിഷയമായി അനു പ്രതീതി എന്ന് പറയുന്നത് അത് നിഷേധിക്കുന്നത് അത് അനംഗീകാരത്തിന്റെ ആരുടെ ആവശ്യമില്ല പണ്ഡിതരും ബാബരും എല്ലാവർക്കും എന്തുകൊണ്ട് പ്രപഞ്ചം ദൃശ്യമാണ് അതിനെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല ശാസ്ത്രം എന്ന് അവിടെ വിശേഷിച്ചെന്ത് പറയാനുണ്ടെന്നുള്ളതാണ് സർവ്വസാധാരണമായ അനുഭവത്തിൽ പറയേണ്ട കാര്യമില്ല അതിനെ നിഷേധിക്കുക ദൃശ്യത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതില്ലെന്ന് പറയുകയാണ് എങ്ങനെയാണ് അത് നിങ്ങൾക്ക് സമാധാനിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്യാഖ്യാനിക്കുക ഇവിടെ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഇവിടെ എന്തെഴുതിയിരിക്കുന്നു അതിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സമാധാനിക്കാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം ദൃശ്യം അഭ്യമെന്ന് പറയുന്നത് ഭ്രമമായിരുന്നു പറഞ്ഞു ഭ്രമമാണ് ദൃശ്യമാണ് സാധാരണഗതി ദൃശ്യം ഇല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അനുഭവത്തിൻ്റെ വിഷയമായിരിക്കുന്ന കാര്യം ക്ഷേപിക്കുക എന്ന് പറയുന്നത് ഞാൻ പുസ്തകം കണ്ടുകൊണ്ടിരിക്കുന്നു പുസ്തമില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുക അപ്പൊ ജഗത്തിനെ ഭ്രമമായി അംഗീകരിക്കുക അത് അറിവിന് വിഷയമാണെന്ന് അംഗീകരിച്ചാലും ഇതില്ലാത്തതാണ് അതിനാണ് അഭിശബ്ദം പ്രയോഗിച്ചത് ഇത് സാധിക്കും സാധിക്കുന്ന കാര്യങ്ങൾ ഇതെങ്ങനെ സാധിക്കുക ഇതെങ്ങനെ സാധിക്കത്തോളൂ സമാധിയിലെ സാധിക്കും അതാണ് ഈ പറയുന്നത് ദൃശ്യോപി എന്ന് പറയും അത് എങ്ങനെയാണ് ദൃശ്യോപി നാസ്തീവത്തെ അനുഭൂയതയെന്നാണ് അതൊരു അനുഭവത്തെ കുറിച്ച് പറയാനുള്ള ഇല്ല എന്നുള്ള അനുഭവം ഏ സമാധിയിൽ സമാധി എല്ലാവർക്കും പറയാൻ പറ്റില്ല ഉണർന്നതിന് ശേഷം സമാധിയിൽ നിന്ന് തിരിച്ചു വന്നതിന് പറയും എഴുത്തൊക്കെ സമാധിയിൽ നിന്ന് തിരിച്ചു അല്ല സമാധി എഴുതുന്നൊണ്ട് ആരെങ്കിലും പാടു സമാധിയും ഒരു പാട്ട് കൊടുക്കത്തില്ല ഈ പറയും അതാണ് ദൃശ്യ അത്യന്താഭാവം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഞാ അത് തന്നെ ഇവിടെയും പറയുന്നു നാസ്തി എന്ന് പറയുന്ന അത്യന്റെ അഭാവത്ത് പറയാനാണ് പുസ്തകം നാസ്തി എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ അത്യന്താപം പറയാണ് തർക്കത്തിൽ പഠിച്ചിട്ടില്ല നാസ്ത്യസ് ഉപയോഗിക്കുന്ന അത്യന്താഭാവത്ത് പറയാണ് ഇനി എന്താണ് ഇവിടെ പ്രപഞ്ചം ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കയാണ് എന്താണ് അതിൽ സത്യത്വം ഇല്ല എന്നാണ് പറയുന്നത് പറയുന്ന ഭാവം തന്നെ ഉണ്ട് അതിന് സത്യത്വമില്ലെന്ന് പറയുന്ന കാര്യം പക്ഷെ അത് പറഞ്ഞാൽ എന്ത് സംഭവിക്കില്ല ഇവിടെ പറയുന്ന എന്താണ് വരിഷ്ഠൻ എന്ന് പറയുന്ന പദവി ആകത്തില്ല അല്ലെങ്കിൽ വരൺ വരിയാനെന്നൊക്കെ പറയുന്ന ആ സ്ഥലങ്ങളൊന്നും എത്തിച്ചേരത്തില്ല എന്തുകൊണ്ട് അവിടെ പ്രപഞ്ച പ്രതീതിയെ നിഷേധിക്കുന്നു ദൃശ്യത്വം നിഷേധിക്കും അല്ല അതിന്റെ സത്യത്വത്വം നിഷേധിക്കും അതിന്റെ സത്യത്വത്തെ നിഷേധിക്കുന്നു ബ്രഹ്മവിദ്യ ഇത് എന്താണ് ഈ ഗ്രന്ഥത്തിന്റെ മൊത്ത ഘടനയെ മനസ്സി വെച്ചുകൊണ്ട് വേണം വിവേഖ അല്ല ഒരു ഏതെങ്കിലും ഒരു വാരം അവിടെ നിന്നുകൊണ്ട് വിശദീകരിച്ച ഈ വിവേ അതിന്റെ വാസിഷ്ഠത്തിന്റെ ആശയങ്ങൾ കേട്ടെ ഇനിയത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് നമ്മുടെ ഉള്ളി വേണം എന്താണ് അങ്ങോട്ട് വെച്ചുകൊണ്ട് വേണം പറയാം അപ്പൊ ഭാഷ്യം കേട്ട ആ ഒരു രീതി വെച്ചുകൊണ്ട് പറയാൻ പറ്റില്ല പിന്നെ എന്താണ് ഭാഷയത്തിന് ശേഷം എത്രയോ ആചാര്യന്മാർ വന്നു അവരുടെ എല്ലാവരുടെയും കൂടെ ആശയം ചേർത്ത് വച്ചിട്ടാണ് ഇതിൻ്റെ വേഖ്യാതവൊക്കെ അർത്ഥമായിരിക്കും അതിൽ ഒരിടത്തു നിന്നും ഇങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ വകതിരി ഈ സംസ്കൃതത്തിന് വിദ്യ വ്യാഖ്യാൻ എഴുതിയിട്ടുണ്ടെന്ന് ഒരു വരി പോലും നടത്തില്ല അതാണ് അതിന്റെ വ്യത്യാസം അതാണ് ഈ ഗ്രന്ഥത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ നേടിയിട്ടാണ് ഞാൻ ഇതിൽ പറയുന്നത് ദൃശ്യാത്യന്താഭാവം എന്ന് പറയുന്ന ഒരു കാര്യം ഭാഷകാരില്ലെന്ന് ഞാൻ പറയുന്നു സമാധിയില്ലെന്നല്ലേ ഞാൻ പറയുന്നു തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ ചിന്തയൊക്കെ എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നതിന് ഉപരിയായി എന്നെ എങ്ങനെയെങ്കിലും പ്രതി കൂട്ടി കയറ്റാൻ പറ്റുമെന്നുള്ള നടക്കുന്ന കാര്യം ഇനി എത്രയെങ്കിലും ജന്മം ജനിച്ചാലും നടക്കുന്ന ഇല്ല നടക്കാത്ത കാര്യം ഏ സമാധീനും ജീവൻമുക്തം തന്നെയാണ് സമാധിയിലും അയാള് ജീവൻ മുക്തൻ എന്തുകൊണ്ട് മരിക്കുന്നതും അയാള് ജീവൻ മുക്തനാണ് അല്ലാതെ സമാധി തന്നെയാണ് ഇവിടെ ഈ പറയുന്ന അതുകൊണ്ടാണ് ഭാഷകാരൻ ജീവൻ മുക്തി എന്നൊരാശയം പറയാം അങ്ങനെ ഒരു ഏർപ്പാടേ മുക്തനാണ് എന്ന് പറയും ജീവൻ മുക്തിയാണെങ്കിൽ എന്ത് വേണമെങ്കിൽ എന്ത് വേണം സമാധി ബോധി തിരിച്ചു വന്നു ജീവൻ മുക്തനാണ് ഭക്ഷ്യതാരം പറയും എന്താണ് ജീവൻ നേക്തോ ബോധി ജീവിച്ചിരിക്കുമ്പോൾ മുക്തനാണ് അത് വേറെയാണ് ഇവിടെ പറയുന്നത് ജീവൻമുക്തി വേറെയാണ് ഇതിനെയാണ് വിദ്യാഭ്യാസമായി മറ്റും കൊണ്ടുപിടിച്ചത് വിവേക ചൂടാമണിയിലും മറ്റും വന്നതൊക്കെ അവരൊക്കെ ഏത് ചൂടാമണി ഏത് ദിവസം കണ്ടിട്ട് എഴുതിയത് അന്യദേശി ഏത് ദിവസവും കണ്ടിട്ടഴുതി മസു അനുസരിച്ചിട്ടില്ല ഇത് കണ്ടിട്ടാണ് ഈ ഒരു പ്രശ്നം കണ്ടിട്ട് അതുകൊണ്ടാണ് ഒരു അവരുടെ ദുരന്തത്തിൽ നിന്നും ഒരു വരി പോലും പൊട്ടി ദാസിനെ ഇതിന്റെ പദ്യമി ഇഷ്ടം പോലെ അടുത്ത് പറയും ദൃശ്യമാർജ്ജനം തീർന്നില്ല ദൃശ്യമാർജനം എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റൊരു വിശുദ്ധവും നമ്മള് മുറ്റപ്പടിച്ച് അവിടെയുള്ള പൊടിയും എല്ലാം കളയുകയാണ് മാർജനമെന്നറിയുമ്പോൾ ദൃശ്യത്തെ മാർജനം ചെയ്യണമെന്നാണെന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കണമെന്നുള്ള പരിപാടിയാണ് അതാണ് ഇവിടുത്തെ പരിപാടി അതാണ് സമാധി എന്ന് പറയുന്നത് ഇവരൊക്കെ ദൃശ്യമാർജ്ജനം ചെയ്തവരാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ദൃശ്യം മാർജ്ജനം ചെയ്ത ആളല്ല അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല ദൃശ്യം ഇല്ലല്ലോ ഏ അല്ല അങ്ങനെ സമാധി ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സത്യസന്ധനാണ് അവിടെ പറയണെങ്കിൽ സത്യസന്ധനാണെങ്കിൽ എന്റെ ശബന്ധിച്ച് സമാധി പോകാനായി മനസിലായി ഇതുപോലെ നിങ്ങളുടെ മുമ്പിലിരുന്നു ആഴ്ച പാഴാട്ട് കളയാനില്ല ഞാൻ കാര്യമായിട്ട് പറയുന്നതാണ് അത് കരുണേന അവനോടുള്ളൊരു കരുണ ഇല്ലെങ്കിൽ പിന്നെ പിന്നെ അറിയിക്കുന്നു വേണ്ടേ നിങ്ങൾക്ക് നിങ്ങളോടൊരു കരുണയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നീ വഴിക്കറങ്ങി മറ്റുള്ളവരോടും കരുണ വേണം അവനവനോടും കർമ്മ വേണം രണ്ടും വേണം താൻ തുറഞ്ഞു പോട്ടെ മറ്റുള്ളവരും രക്ഷപ്പെടട്ടെ എന്ന് ആരെങ്കിലും ആഗ്രഹിക്കും നിങ്ങളുടെ കാരണം ആരാണ് എങ്കിൽ അത് വിചിത്രമായൊരു കർമ്മയാണ് താൻ രക്ഷപ്പെടണം മറ്റുള്ളവരും രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്ന ഈ വിചാരി അപ്പൊ താൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ സമാധിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പിന്നെ അയാളുടെ പണി എന്തിനായിരിക്കും തിരിച്ച് സമാധിയിലേക്ക് പോകാനായി എന്നാണ് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത് എന്തുകൊണ്ട് സമാധി ചെയ്യുമ്പോൾ അവൻ വിലക്ഷണമായ ഒരു ആനന്ദത്തെ അനുഭവിക്കുന്നുണ്ട് ആനന്ദത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ അവൻ വെറുതെ പറയല സമാധിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവന്റെ സ്മൃതി എന്തായിരിക്കും ആനന്ദമാണ് അപ്പോൾ ആനന്ദമാണ് അവന്റെ അവൻ പിന്നെ എന്തിനായിരിക്കും ശ്രമിക്കുന്നത് സമാധിയിൽ പോകാൻ കാരണം ഇങ്ങനെ ഒരു ്രഹ്മാനന്ദത്തെക്കുറിച്ച് ശാസ്ത്രങ്ങളിൽ നിന്ന് കേട്ടറിഞ്ഞു വെറുതെ കേട്ടതേയുള്ളൂ വെറുതെ എന്ത് ചെയ്യുന്നു ഈ ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കാൻ വേണ്ടി അവന്റെ ജീവിതത്തിലുള്ള സർവം ഉപേക്ഷിക്കുന്നു അച്ഛനുപേക്ഷിക്കുന്നു അമ്മയെ ഉപേക്ഷിക്കുന്നു സമ്പത്ത് ഉപേക്ഷിക്കുന്നു പേരുപേക്ഷിക്കുന്നു പ്രശസ്തി ഉപേക്ഷിക്കുന്നു എല്ലാം ഉപേക്ഷിച്ചിറങ്ങുന്നു അത് ഇങ്ങനെ വെറും കേട്ടിറങ്ങിവച്ചിട്ടാണ് അവനതിനു വേണ്ടി പരിശ്രമിക്കുന്നു അവൻ എന്തൊക്കെയോ ചെയ്യുന്നു ആ ബ്രഹ്മാനന്ദ അനുഭവിക്കാൻ ശരി പിന്നെ അവൻ എങ്ങനെയായിരുന്നു അത് അനുഭവിച്ചെന്നിരിക്കട്ട് ഒരിക്കൽ കേട്ടറിഞ്ഞപ്പോൾ ഇത്രയും വലിയ ത്യാഗം അവൻ ചെയ്തെങ്കിൽ അവൻ അനുഭവിച്ചറിഞ്ഞില്ലെങ്കിൽ അവന്റെ സ്മൃതിയോടുകൂടി ഇരുന്നാൽ പിന്നെ അവൻ എന്തിനായിരിക്കും ശ്രമിക്കുന്നത് ഏ സത്യസന്ധമായി പറയും കള്ളത്തരം നിങ്ങളെ ഒരുപാടുണ്ടോ അവൻ ഇങ്ങോട്ടടിക്കില്ല സത്യസന്ധമായി പറഞ്ഞാൽ എന്തിനായിരിക്കും ശ്രമിക്കുന്നു ഏ ഒരു കാര്യത്തിനവൻ ശ്രമിക്കത്തോ കാരണം അവൻ അതിനു വേണ്ടിയിട്ടാണ് ജീവിതം മാറ്റ മറ്റുവേണ്ടിയായി ശ്രമിക്കുന്നു അതുകൊണ്ട് അവന് പിന്നെ വേറെ പണിക്കുന്നു ഓൻ പോകത്തില്ല സമാധിപക്ഷത്തിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളല്ല സമാധിപക്ഷത്തു നിന്ന് ചിന്തിച്ചാൽ അതേ പറ്റും ഇനി സമാധിയിലൊരാൾ എത്തിയില്ലെങ്കിലും എത്തിയില്ലെങ്കിൽ അയാൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം കാരണം സമാധി അയാൾക്കറിയിക്കില്ല പിന്നെ അയാൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ മര്യാദ കബളിപ്പിക്കലില്ല ആൾക്കാരെ പറ്റിക്കലില്ല ഒരു ധാരണ വന്നുപോയി പൊതുജനത്തിനും വന്നു ആത്മീയക്കാർക്കും വന്നു എന്താണ് ആത്മീയത വിളിച്ചെങ്ങനെയും അതല്ല ആത്മീയ പൊതുജനങ്ങൾക്കും അങ്ങനെയാണ് ആത്മീയക്കാരെന്ന് കേട്ട തന്നെ അവർക്ക് കള്ളന്മാരുന്ന അങ്ങനെയുള്ളൊരു കാരണം നമ്മൾ ആത്മീയക്കാരൊക്കെ നിങ്ങൾ പുറത്തിറങ്ങുന്നില്ല ഇറങ്ങുന്നവർ കാണുമായിരുന്നു നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാർ മുഴുവൻ പിടിക്കുന്ന കള്ളാ കള്ളാ കള്ളാ കള്ളാ കാണും നിങ്ങൾക്കതറിയത്തില്ല ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓടി ഇറങ്ങുന്ന ആളായിട്ട് നല്ലതെന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് സത്യമാണ് ഞാൻ പറയും അതിനെ ധാരണയല്ല പിന്നെ നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർ ബഹുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രി സ്കൂളും ഒക്കെ ഉള്ളതുകൊണ്ട് ബഹുമാനം കാണിക്കും അത് വേറെ വിഷയമാണ് എനിക്കതൊന്നുമില്ലാത്തതുകൊണ്ട് എന്നോട് ആ ബഹുമാനം ഇല്ല യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇതൊക്കെ മനസ്സിലാക്കും ധ്യാത്മിക ഭയങ്കര പ്രായ വിധി കാരണം ആധ്യാത്മിക ബുദ്ധിയോട് എന്ന് വെച്ച സർവകളം പഠിച്ചതാ സർവകലാ എന്തിനാ അവർക്ക് പ്രായം ബുദ്ധി ഇല്ലാത്തത് ഏത് കാര്യത്തില് പണം ഉണ്ടാക്കുന്നതിന് പ്രായോഗ്യ എല്ലാ കാര്യത്തിലും പ്രായോഗ്യ പ്രായോഗ്യല്ലാത്തതൊന്നാണ് ആധ്യാത്മിക പ്രായോഗ്യാത്തതൊന്നും എന്തിന്റെ കുറവാൻ പറയും നിങ്ങക്ക് എന്തിന്റെ കുറവാണ് പറയും എനിക്കെന്തായാലും ഒന്നിന് ഈ കുറവില്ല എനിക്കാവശ്യം കൊണ്ടെന്താണ് അപ്പൊ പ്രായവിധി ഇല്ലാത്തോണ്ടാണെങ്കില് നിങ്ങൾക്കും എന്താണ് എങ്ങനെയാ പ്രായ വിധ്യല്ലാത്ത ഈ മനുഷ്യൻ പുറത്തുവിടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനും നമ്മൾ വളരെ സുഖമായി ജീവിക്കുന്നു എന്നാ ഒന്നും ഇല്ലതാണ് അല്ലേ ഇതിക്കൂടെ എന്താ പ്രായങ്ങൾ ഇനി എന്താ കഷ്ടപ്പാടില്ല സ്വന്തമായിട്ടൊന്നും ഇല്ല പക്ഷെ ജീവിതമാറിമുടി ഇതിലേക്ക് പ്രായമെന്നു പറയേണ്ടത് ആണോ അല്ലേ ആണോ അല്ലേ അത് നിങ്ങൾ ഇതിനോട് ചിന്തിക്കുന്നില്ല എന്നുള്ളത്